അസലാമലൈക്കും വരഹമുല്ല വാത്തലാമോ അല സീദല മുഹമ്മദിൻ് സമാധരണീയരായ സമസ്ത കേരളമയുടെ സർവാദരണീയ വലമാക്കളെ സാധാതുക്കളെ നേതാക്കളെ സുഹൃത്തുക്കളെ സഹോദരന്മാരെ വിദ്യാർത്ഥികളെ അള്ളാഹു സുബാനവത ആന ഈ മഹത്തായ സംരംഭത്തിൻ്റെ പറക്കത്തുകൊണ്ട് നമ്മുടെ സതുദ്ദേശങ്ങളെ അള്ളാഹു പൂർത്തീകരിക്കുമാറാവട്ടെ സമസ്ത കേരള ജംബിയുത്തലമയുടെ എൺപത്തിയഞ്ചാം വാർഷിക മഹാസമ്മേളനത്തോടനുബന്ധിച്ചുകൊണ്ട് നടക്കുന്ന ഈ ഉദ്ഘാടന സെഷനിൽ ഈ സമയം ഇവിടെ വിനിയോഗിക്കപ്പെടേണ്ടത് സത്യസാക്ഷ്യത്തിൻ്റെ കേരളീയ അടയാളം എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് പ്രഭാഷ നിർവഹിക്കേണ്ടത് അഭിമുഖനായ അനുഗ്രഹീത പ്രഭാഷകൻ സുന്നി യുവജന സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി ബഹുമാനപ്പെട്ട അബ്ദുൾ സമ്മദ് സാഹിബ് പൂക്കോട്ടൂർ അവർ ഈ വിനീതൻ ശനിയാഴ്ച ദിവസം മറ്റൊരു സെഷനിൽ സംബന്ധിക്കേണ്ടതുമാണ് സൗകര്യാർത്ഥം ഒരു വിദേശ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സെഷനിൽ സംബന്ധിക്കാനുള്ള പ്രയാസം കാരണമായി ബഹുമാനപ്പെട്ട വനമാക്കളുടെ സമ്മതത്തോടു കൂടി സമരസാഹിബിൻ്റെ തന്നെ നിർദ്ദേശപ്രകാരം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു മാറിയ ഒരു സാഹചര്യമാകയാൽ അദ്ദേഹത്തിൻ്റെ വിഷയാവതരണമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സമയത്ത് അദ്ദേഹം സംവദിക്കും എന്ന സദസ്സിൻ്റെ മുമ്പിൽ അറിയിച്ചുകൊണ്ട് ആ സമയത്ത് സംസാരിക്കേണ്ട വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി ഏതാനും കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ് സമസ്ത സാധിച്ചിട്ടുള്ള കർമ്മമണ്ഡലം സമസ്തയുടെ സംഭാവനകൾ കേരളീയ മുസ്ലിം സമുദായത്തിന് മറ്റു ഇതര സ്റ്റേറ്റുകളെ അപേക്ഷിച്ചുകൊണ്ട് ഒന്നാം സ്ഥാനം നൽകപ്പെടാൻ സാധ്യമായ സകലതും സമർപ്പിച്ചത് സമസ്ത കേരള ജനത്തിൽ ഒലമയാണ് സമസ്തയുടെ സംഭാവനകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർക്കും സുതാര്യമായി ബോധ്യപ്പെട്ടിട്ടുള്ള സംഗതികൾ ഏറെ വിശദീകരിക്കപ്പെടേണ്ടതില്ലാത്ത അത്ര രൂപത്തിൽ കേരളീയ ജനത മനസ്സിലാക്കിയിട്ടുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ലോകമുസ്ലിമങ്ങൾക്ക് പോലും മാതൃകാപരമായ സംഭാവന സമർപ്പിക്കാൻ കേരളത്തിലെ മുസ്ലിംങ്ങൾക്ക് സാധിച്ചിരിക്കുകയുമാണ് എന്തുകൊണ്ടെന്നാൽ സമസ്ത കേരള ജമ്മിയ മറ്റു സംഘടനകളിൽ നിന്നുകൊണ്ട് വ്യത്യസ്തമായി പാരമ്പര്യത്തെ കാട്ടുസൂക്ഷിക്കുകയും പൈതൃകത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുകയും പുതിയ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാലത്തിന് അനുയോജ്യമായ രൂപത്തിൽ മുസ്ലിം സമൂഹത്തിന് നവോത്ഥാന നേതൃത്വം നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ സമസ്ത ഒരു യാഥാസ്ഥിക് സംഘടന തന്നെയാണ് യാഥാസ്ഥിതത്വം എന്ന പദത്തിനെ ചിലൽ വികലമാക്കിയതുകൊണ്ടാണ് മുസ്ലിം സമുദായത്തെ വിമർശിക്കാൻ വേണ്ടി ചില പദപ്രയോഗമായി ഉൽപ്പത്തിഷ്ക്കൾ ഇതിന് യഥാർത്ഥത്തിൽ യാഥാസ്ഥിഗത്വം എന്നത് പടമയെ അതേപടി പിന്തുടരുക എന്നതാണെങ്കിൽ ആ യാഥാസ്ഥിതികത്വം സമസ്ത കേരള ജമീയത്തിലുലമ തുടരുകയാണ് പഴമയെ അതേപടി പിന്തുടരുകയും മാറ്റങ്ങളും കൂട്ടിച്ചേർക്കലുകളും വെട്ടിത്തെരുത്തലുകളും ഇല്ലാതെ പരിശുദ്ധമായ അഖലിസുന്നത്വ ജമാൻ്റെ പാതയിലൂടെ തന്നെ കൊണ്ടുപോവുകയും ചെയ്യുന്നൊരു സംസ്കാരമാണ് യാഥാസ്ഥിതികത്വം അത് സമസ്ത തന്നെയാണ് കേരളീയ മുസ്ലിം ഉമ്മത്തിന് ബഹുമഹാന്മാരായ സ്വഹാബത്ത് തന്നിട്ടുള്ള ഇസ്ലാമിക പ്രസ്ഥാനം സിഗിതന അസുലാഹി സാഹ് അലിഹ് വസ്സന മതങ്ങൾ ഏതൊരു സംസ്കാരത്തിൽ നിന്നുകൊണ്ടാണോ സമൂഹത്തെ ബോധ്യപ്പെടുത്തിയത് ആ സംസ്കാരത്തിൽ നിന്നുകൊണ്ട് തന്നെ സ്വഹാപത്തും ഇസ്ലാമിനെ പ്രചരിപ്പിച്ചുവെങ്കിൽ സ്വഹാബത്തിന് അനുധാവന ചെയ്തുകൊണ്ട് ജീവിക്കാൻ ഈ സമൂഹത്തെ പഠിപ്പിക്കുക എന്ന് പാരമ്പര്യത്തെ കണ്ണി ചേർക്കുന്ന പ്രക്രിയക്കാണ് സമസ്ത നേതൃത്വപരമായ പങ്ക് വഹിച്ചത് ആ ഒരു നിലപാടിൽ ഈ യാഥാസ്ഥിഗത്വം എന്ന പടപ്രയോഗത്തിന് യാതൊരു അർത്ഥവും ഇല്ല യാഥാസ്ഥിഗത്വം നിർവഹിക്കുക വഴി പരിശുദ്ധമായ ഇസ്ലാം ദീനിനെ അതേപടി തുടരുക എന്ന സംവിധാനമാണ് നമ്മുടെ പ്രസ്ഥാനം ഒരുക്കിയത് നമുക്കറിയാം പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ സമവാക്യം കൂടിയാണ് സംസ്ഥ കേരളത്തിൻ്റെ പശ്ചാത്തലവും കേരളീയ വർത്തമാനങ്ങളുമായി ബന്ധപ്പെട്ടൊരു സംഘടനാ എന്ന അർത്ഥത്തിൽ സംസ്ഥയെ കണ്ടെത്തുക മാത്രമാവരുത് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ സമവാക്യം അല്ലെങ്കിൽ അഹരിസുന്നത്വ ജമാൻ്റെ പരിപ്രേക്ഷ്യം അതാണ് സംസ്ഥ അതുകൊണ്ട് കേരളത്തിൻ്റെ കണ്ണടിയിലൂടെ അല്ല ലോകമുസൽമാന്റെ ദൃഷ്ടിയിലൂടെ നോക്കുമ്പോൾ ഇസ്ലാം തന്നെയാണ് സംസ്ഥ ആ ഇസ്ലാമിനെ കേരളത്തിൽ പരിചയപ്പെടാൻ വേണ്ടി ഒരു വേദിയായി സമസ്തയിലൂടെ നമ്മൾ നോക്കിക്കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ സമസ്തയുടെ സ്ഥാപകൻ സംഘടനാപരമായി മഹാനായ വരക്കൽ മുല്ലക്കുയത്തങ്ങളാണെങ്കിലും യഥാർത്ഥത്തിൽ അള്ളാഹു സുബാനവത്ത് ആലയാണ് സമസ്തയെ സ്ഥാപിച്ചത് സമസ്തയുടെ അന്ത്യപ്രവാചകൻ അതാ ഇസ്ലാമിന്റെ അന്ത്യപ്രവാചകനാണ് മഹാനായ സഹിദനാർ സുല്ലാഹി സുല്ലാഹു അലഹി വസ്ല്ലം തൊള്ളായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് കാലഘട്ടത്തിൽ ഇസ്ലാമിനെ കേരളത്തിൽ ഒരു സംഘടിത രൂപം എന്ന നിലയിൽ സമസ്ത എന്ന പേര് സ്വീകരിക്കപ്പെട്ടു എന്നല്ലാതെ ആശയപരമായി സമസ്ത പണ്ട് നിർവഹിച്ച സംഭാവന ഇസ്ലാമിൻ്റെതാണ് കേരളത്തിൽ ആദ്യമായി ഒരു സ്ത്രീ ജുമഅക്ക് പോകുന്നത് ഒഡായി എന്ന പ്രദേശത്താണ് നടുപത്ര മുജാഹിദീൻ്റെ ഔദ്യോഗിക മുഖപത്രമായ വനിതകൾ പ്രസിദ്ധീകരിക്കുന്ന പുടവയിൽ ആണ്ടുതോറും ഹദീജകുട്ടി എന്ന സ്ത്രീയുടെ മഹത്വം പാടി പുകഴ്ത്താറുണ്ട് ആണ്ടുതോറും നിബിധനാഘോഷം നടത്തുന്നതും പ്രവാചക പ്രകീർത്തനങ്ങൾ നടത്തുന്നതും കുറ്റമെന്ന് പറയുന്നവർ തന്നെ ഹദീജകുട്ടിയുടെ മൗല്യത പാടാനും അതിനുവേണ്ടി ലേഖനങ്ങൾ സമർപ്പിക്കാനും അവർ പേറ്റുകൾ ചെലവഴിക്കുന്നതും വിനോദാഭാസമാണ് ഹദീജകുട്ടി ചെയ്ത ധീരതയെ അവർ അഭിനന്ദിച്ചുകൊണ്ട് പറയുന്നത് കേരളത്തിൽ യാഥാർത്ഥ്യകത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ആദ്യമായി ജുമഅക്ക് പോകാൻ തയ്യാറായ തൻ്റെടം കാണിച്ച ധീര വനിതയാണ് ഖരീജ എന്നാണ് പൂർണമായി നമ്മളവിനെ സമ്മതിക്കുകയാണ് ഖരീജകുട്ടിയാണ് ആദ്യമായി ജുമാഅക്ക് പോയത് അതിൻ്റെ അർത്ഥം അതിൻ്റെ മുമ്പ് ഒരൊറ്റ സ്ത്രീയും ജുക്ക് പോയിട്ടില്ല എന്നാണ് ആദ്യം ഹരീചകുട്ടി പോയി എന്നതിൻ്റെ അർത്ഥം കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം വനിത ഹരീചകുട്ടിയാണ് എന്നർത്ഥമില്ല ഷഹാബിമാർ കടന്നു വന്നതിന്റെ ശേഷം ധാരാളം അമുസ്ലിം സ്ത്രീകളെ ഇസ്ലാമിലേക്ക് ചേർത്തിക്കൊണ്ട് അവരെ മഹിളകളായ സഹോദരിമാരോട് ഇസ്ലാമിന്റെ ശംഖല കെട്ടിപ്പടുത്തുവെങ്കിൽ ആ കാലഘട്ടത്തിലെ ആത്മീയ മഹിളകൾ ആരും സ്ത്രീകളായി അവരാരും ജുമാക്കി പോയിട്ടില്ല ആദ്യമായി ഹദീച്ചുകൊട്ടി പോയെങ്കിൽ അതിന്റെ മുമ്പ് ഒരൊറ്റ സ്ത്രീയും പോയിട്ടില്ല എന്നാകയാൽ പുതിയതായ ആശയം കൊണ്ടുവന്നത് നടുവത്താണ് പള്ളിയിൽ പോവുകയില്ല സ്ത്രീകളെ കൊണ്ടുപോവുകയില്ല അനുവദിക്കില്ല എന്ന് പറയുന്നത് യാഥാസ്ഥിഗത്വമാണ് യാഥാസ്ഥിഗത്വം ഇസ്ലാമിൻ്റെതാണ് നബിസുലാ വസ്ലമഠങ്ങളും സ്വഹാപത്തും സ്ത്രീകളെ ജുമാഅും ജമാഅത്തെന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുവെങ്കിൽ കേരളത്തിൽ സ്വഹാപത്ത് കൊണ്ടുപോകണം സ്വഹാപത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവരുടെ ശേഷം കടന്നു വന്നിട്ടുള്ള താമ്പികളും തപാവ് കൊണ്ടുപോകണം ഖദീജകുട്ടിയല്ല അങ്ങനെയാണെങ്കിൽ ആദ്യം ജുഅക്ക് പോയത് ഖദീജകുട്ടിയാണെങ്കിൽ സൊഹാബത്ത് കൊണ്ടുപോയിട്ടില്ല റസൂറിനെ കൊണ്ടുപോയിട്ടില്ല അതിൻ്റെ വ്യക്തമായി നമുക്ക് നൽകപ്പെടാവുന്ന ഒരാശയം സമസ്ത എന്ന യാഥാർത്ഥികത്വം ഇസ്ലാമിന്റെ ആശയം പ്രചരിപ്പിക്കുന്നു സ്വഹാബത്തിന്റെ ആശയം പ്രചരിപ്പിക്കുന്നു പ്രവാചകരുടെ ആശയം പ്രചരിപ്പിക്കുന്നു സുലല്ലാ വസ്ലം ആ ഒരു അടിസ്ഥാനത്തിൽ യാഥാർത്ഥിക എന്ന ആയിരം തവണ സുന്നിയെ ആക്ഷേപിക്കാൻ ആര് പറഞ്ഞാലും ആയിരത്തൊന്നാമത്തെ തവണയും അത് കേൾക്കാൻ കാർഡ് കുർപ്പിക്കുന്നവനാണ് അഭിമാനമുള്ള സുന്നി അപകർഷതാ ബോധം വേണ്ട ചമ്മലിന്റെ അണു അളവ് അതിലില്ല ആത്മാഭിമാനത്തിന്റെയും ഹർഷ പുളകടയുടെയും വചനമാണ് യാഥാർത്ഥ്യകത്വം എന്ന പദപ്രയോഗം അതുകൊണ്ട് സുന്നിക്ക് സന്തോഷം നൽകപ്പെടുന്ന വാക്കാണ് യാഥാർത്ഥികത്വം പക്ഷെ യാഥാർത്ഥ്യഘട്ടം ഒരിക്കലും നവോത്ഥാനത്തിനെതിരല്ല ആരാണ് യാഥാസ്തുകത്വ നവോത്ഥാനത്തിന്റെ വിപരീത പദമായി പറഞ്ഞു വന്നത് അത് തെറ്റാണ് എന്ന് സമസ്ത പ്രവൃത്തി പദത്തിൽ പഠിപ്പിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ നവോത്ഥാന പ്രസ്ഥാനം സമസ്ത കേരള ജമീയത്തിലുളമയാണ് അത് ഏത് രംഗത്താണെങ്കിലും കണ്ടെത്താൻ നമുക്ക് സാധ്യമാണ് കേരളത്തിലെ സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോഴും സമസ്തയാണ് സ്ത്രീപക്ഷ നവോത്ഥാന പ്രസ്ഥാനം സ്ത്രീകളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതും സ്ത്രീ നവോത്ഥാനം എന്ന് പറയുന്നതും ഷവറിന്റെ ചുവട്ടിൽ ഉടുമണ്ടടിച്ചുകൊണ്ട് കൊളിച്ച് തിമർത്ത ആടി പരസ്യത്തിന് വേണ്ടി ആളെ കൂട്ടിക്കൊടുക്കുന്ന ഏർപ്പാടാണ് അത് തിരുത്തപ്പെടണം കണ്ണീരൊടുക്കി ഗ്ലസറിനടിച്ചുകൊണ്ട് കരഞ്ഞ് കണ്ണീർ വാർത്ത് പ്രേക്ഷകവ്രതത്തെ തൻ്റെ കഥയിലേക്കും പ്രക്ഷേപണ കാര്യങ്ങളിലേക്കും ആകർഷിക്കാൻ വേണ്ടി ഒരുമ്പിടുന്നതാണ് സ്ത്രീത്വം അതും തിരുത്തപ്പെടണം സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി സ്ത്രീകൾ തന്നെ സംഘടിച്ചുകൊണ്ട് പരസ്യമായി പൊതുവേറ്റുകൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്കിൽ മാർച്ച് നടത്തിയാലേ സ്ത്രീ നവോത്ഥാനമാകൂ സ്ത്രീ സംരക്ഷണമാകൂ എന്നുണ്ടെങ്കിലും അതും തിരുത്തപ്പെടണം സമസ്തം പറയുന്നു സമസ്തം മാത്രം പറയുന്നു സ്ത്രീപക്ഷം ആണുങ്ങൾ നിൽക്കണം പുരുഷന് വേണ്ടി പുരുഷൻ സംഘടിച്ചതുപോലെ സ്ത്രീകൾക്ക് വേണ്ടിയും പുരുഷന്മാർ തന്നെ സംഘടിക്കണം മറ്റെല്ലാ സംഘടനകളും പറയുന്നു പുരുഷന്റെ കാര്യം പുരുഷൻ നോക്കിയതുപോലെ സ്ത്രീയുടെ കാര്യം സ്ത്രീ നോക്കണം സ്ത്രീ സംഘടിക്കണം സ്ത്രീ സമരം നടത്തണം സ്ത്രീ വിയർപ്പൊഴിക്കണം പറയുന്നു സ്ത്രീ അവരുടെ അവകാശം സംരക്ഷിക്കപ്പെടാൻ പുരുഷൻ കഠിനാധ്വാനം ചെയ്യണം സ്ത്രീപക്ഷ സംഘടന സംസ്ഥയാണ് പുരുഷൻ പുരുഷനും സ്ത്രീ സ്ത്രീക്കും എന്ന് പറയുന്നത് സ്വജനപക്ഷപാതമാണ് അല്ലെങ്കിൽ സ്വാർത്ഥതയാണ് മസ്ത പറയുന്നു സ്ത്രീക്ക് വേണ്ടി കൂടിയാവണം പുരുഷന്റെ സംഘടനം അതുകൊണ്ട് സ്ത്രീപക്ഷ സംഘടന കേരളത്തിൽ ഏതെന്ന് ചോദിച്ചാൽ വ്യക്തമായി നമുക്ക് പറയാൻ സാധിക്കണം അത് സമസ്തയാണ് അതോടൊപ്പം തന്നെ സ്ത്രീകളുടെ ആത്മീയതയെ സമ്മതിക്കുന്നതും സുന്നികളാണ് സമസ്തയിലൂടെയാണ് കേരളത്തിലെ പ്രഗത്ഭനായ കോഴിക്കോട്ടിലെ ഒരു ചരിത്രകാരൻ ബഹുമാന്യനായ സിവിചന്ദ്രൻ തൻ്റെ പാഠഭേദമെന്ന് പറയുന്ന ഒരു പുസ്തീകരണത്തിനൊരു ലേഖനം എഴുതി അദ്ദേഹം പറഞ്ഞു മുസ്ലിം സ്ത്രീകളിൽ നിർവഹിച്ചിട്ടുള്ള ആത്മീയ മഹിളകളുടെ ജീവിതത്തെ അനുധാപനം ചെയ്തുകൊണ്ട് ജീവിക്കണമെന്നും അവരെ ഇടയാളകളാക്കി ദൈവത്തിലെ കടുക്കാൻ പര്യാപ്തമാക്കണമെന്നും അവരുടെ പേരിൽ കവിതകൾ എഴുതുന്നതും ആ കവിതകൾ പുണ്യമെന്ന് പറയുകയും ചെയ്യുന്നവർ സുന്നികൾ മാത്രമാണ് ഉള്ളത് നഫീസദുൽ മിശ്രിയെയും റാബിയതുൽ അദബിയെയും ആദരിക്കപ്പെടുന്നത് സുന്നികളിലൂടെയാണ് മിസ്രി അലിയല്ലാന്നയും റാബിയത്ത് ഉൽ അദബിയാർ അലിയല്ലാന്നയും ആ രണ്ട് മഹിളകളെ സമൂഹത്തിന് സമർപ്പിക്കുകയും അവരിലൂടെ ചരിത്രത്തെ പഠിച്ച് അവരിലൂടെ അള്ളാഹുവിനെ കടുക്കണമെന്ന് പഠിപ്പിക്കുകയും അവരുടെ പേരിൽ കവിതകൾ പോലും എഴുതിക്കൊണ്ട് അത് പാടുന്നതും അത് കൊണ്ടു പുണ്യമെന്ന് പറയുകയും ചെയ്യുന്നവർ സുന്നികളാണ് സ്ത്രീകളെ സമ്മതിക്കുകയും സ്ത്രീ നവോത്ഥാനത്തെ അംഗീകരിക്കുകയും സ്ത്രീ പക്ഷവായന നടത്തുകയും ചെയ്യുന്നത് സുന്നികളാണ് അതുകൊണ്ട് തന്നെ സ്ത്രീ നവോത്ഥാനം സുന്നികൾ സമസ്തം നിർവഹിച്ചു സാഹിത്യമാണോ പിന്നെ നവോത്ഥാനത്തിന്റെ മറ്റൊരു മേഖല നാനൂറ്റി അഞ്ച് കൊല്ലത്തെ പഴക്കമുള്ള മൊഹിദൻമാലയോട് കിടപിടിക്കാൻ കേരളത്തിൽ ഒരു സാഹിത്യവും ഇന്നവരെ വിരചിതമായിട്ടില്ല മൊഹിദൻമാലയ്ക്ക് നാനൂറ്റി അഞ്ച് കൊല്ലത്തെ പഴക്കമുണ്ട് ആ മൊഹിദീൻ മാലയോട് മത്സരിക്കാൻ നാനൂറാം ആണ്ട് മൊഹിദീൻ മാലയുടേത് കേരള ഗവൺമെന്റ് നടത്തിയപ്പോൾ അതിന്റെ ആഘോഷം നടത്തിയപ്പോൾ സുകുമാർ അഴിക്കോടനെ പോലുള്ളവരെ പറഞ്ഞത് പൂന്താനത്തിൻ്റെ ജ്ഞാനപാനത്തിന് പോലും സാധ്യമല്ല മൊഹിദീൻ മാലയോട് മത്സരിക്കാൻ അത്രമാത്രം സാഹിത്യ സമ്പുഷ്ടമാണ് മൊഹിദീൻ മാല ആ മൊഹിദീൻ മാലയ കേരളത്തിൽ സമർപ്പിച്ചത് ലോകത്തിന് സമർപ്പിച്ചത് സുന്നികളാണ് മഹാനായ കാളി മുഹമ്മദ് അലി അല്ലാ വന്നബിന്റെ മൊഹിദീൻ മാലയെ ചില ആളുകൾക്ക് ഇഷ്ടമല്ല പക്ഷെ അതേ കാലി മുഹമ്മദ് അലി അല്ലാ വല്ലവിന്റെ ഫത്തോഹുൽ പ്രസിദ്ധീകരിക്കാനും ആ ഫത്തോഹുൽ മൊബീന്റെ പരിഭാഷ പ്രസിദ്ധീകരിക്കാനും നെടുവത്തിന്റെ യുവത തയ്യാറായിട്ടുണ്ട് ആ മഹാനായ കാലി മുഹമ്മദിനെ സമ്മതിക്കാതിരിക്കുന്നത് മൊഹിദീൻ മാലയാണെങ്കിൽ മൊഹിദീൻ മാല മാറ്റിവെച്ചുകൊണ്ട് ഫത്തോഹുൽ മൊബീൻ അവർ സമ്മതിക്കുകയാണ് മഹാനായ സൈനുദ്ദീ മഹദും റലിഅള്ളാഹു അൻഹു സൈനുദി മഹദും വല്ലബിന്റെ തൊഹഫത്ത് ഉൽ മുജാഹിദിന്റെ പുനർവായന എന്ന് പറഞ്ഞ് ക്യാമ്പയിൻ നടത്തിയത് എസ് ഐ ഒ എന്ന ജമായത്തിന്റെ കുട്ടി സംഘടനയാണ് എന്നാൽ അതേ മഹാനായ സൈനുദി മഹദും തങ്ങള പറകളുടെ ഫത്തുഹുൽ ഖുറാഫാത്ത് എന്ന് പറഞ്ഞു അവർ ആക്ഷേപിക്കുകയാണ് മഹാന്മാരായ ആലിമികളായ ഇത്തരം സുന്നികൾ അവർ നിർവഹിച്ച സാഹിത്യമേ കേരളത്തിൽ സമ്പുഷ്ടമായിട്ടുള്ളൂ ആ സാഹിത്യം കേരളത്തിന് സമർപ്പിച്ചത് സുന്നികളാണ് ഇന്നും പകർത്തപ്പെടാനും ക്യാമ്പയിനുകൾക്ക് പ്രമേയമായി സ്വീകരിക്കപ്പെടാനും അധിനിവേശത്തിനൊരു സമരം നടത്തിയതിൻ്റെ വീരാതിഹാസ കടകളെ നമ്പർ വൺ ഉദാഹരണം സുന്നികളാണ് നിർവഹിച്ചത് കേരളത്തിലെ ബ്രിട്ടീഷുവരുടെ സമരത്തിലും നമ്മളാ ഉള്ളത് വിദ്യാഭ്യാസമാണ് പിന്നെ നവോത്ഥാനത്തിന്റെ മറ്റൊരു മേഖല കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സംഘടന ഏതാണ് രജീന്ദ്ര സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് കേരളത്തിലെ മാത്രമല്ല ഇന്ത്യൻ മുസ്ലിമികളുടെ സകലമാന വസ്തുതകളും വിശദീകരിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് തയ്യാർ ചെയ്യപ്പെട്ട സമിതിയുടെ റിപ്പോർട്ടാണ് രജീന്ദ്ര സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ പറയുന്നു പശ്ചിമബംഗാളിൽ മുസ്ലിമുകൾ പിന്തള്ളപ്പെട്ടിരിക്കുന്നു ഗുജറാത്തിലെ മുസ്ലിമുകൾ പിന്തള്ളപ്പെട്ടിരിക്കുന്നു കേരളം ഒഴികെ മറ്റെല്ലാ സ്റ്റേറ്റിലും മുസ്ലിമുകൾ പിന്തള്ളപ്പെട്ടിരിക്കുന്നു അറുപത്തിയഞ്ച് ശതമാനം പ്രൈമറി തല വിദ്യാഭ്യാസം പോലും ഇല്ലാതെ പശ്ചിമബംഗാൾ മുസ്ലിമിങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ് രാജ്യത്തിന്റെ അടിസ്ഥാന വർഗമായ ന്യൂനപക്ഷ സമൂഹത്തിനും അധികൃത വർഗത്തിനും രക്ഷ കേരളത്തിലെ മുസ്ലിംങ്ങൾ നൂറ് ശതമാനം പ്രൈമറി തല വിദ്യാഭ്യാസം നേടിയെന്നും രചിതന സഞ്ചാർ കമ്മിറ്റി വ്യക്തമായി തന്നെ പറയുകയാണ് എന്തുകൊണ്ടതിന്റെ കാരണം കൂടി വിലയിരുത്തുകയാണ് എന്തുകൊണ്ട് കേരള മുസ്ലിം ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ കേരളത്തിലെ ഒന്നാം സ്ഥാനത്ത് എത്താൻ സാധിച്ചു രണ്ട് കാരണമാണ് ഒന്ന് കായികമില്ലാത്ത മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ രാഷ്ട്രീയപരമായ അവബോധം രണ്ടാമത്തേത് വളരെ കൃത്യമായ മതബോധം കൊടുക്കുന്ന മദ്രസ സംവിധാനത്തിന്റെ കാര്യക്ഷമത അതാണ് കേരളത്തിലെ മുസ്ലിമീങ്ങൾ വിജയം കൈവരിക്കാനുള്ള കാരണം ആരാ ഈ മദ്രസ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്തത് മദ്രസാ പ്രസ്ഥാനം പഠിക്കുക വഴി മദ്രസയിൽ ചെന്നുകൊണ്ട് ദീൻ പഠിക്കുക വഴി സ്വത്ത് ബോർഡ് നേടുന്ന സമൂഹമായി മാറുകയും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചുപഠിക്കണമെന്ന വിക്രതയോടുകൂടി ഭൗതിക കലാലയങ്ങൾ തുടങ്ങാൻ വേണ്ടി മുസ്ലിമുകൾ തയ്യാറാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ മദ്രസ പഠനം ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ ചേതവികാരമാണ് ഭൗതികപരമായ വിദ്യാഭ്യാസ നവോത്ഥാനത്തിൻ്റെ ചാലകശക്തി മദ്രസകളാണ് കേരള മദ്രസകൾ ഖുർആാനും ഹദീസും പഠിക്കൽ പുറമെന്നകൊണ്ടല്ല അതിന്റെ അടിക്കതറയിലേക്ക് അരങ്ങിച്ചെന്നുകൊണ്ടാണെങ്കിൽ ഒരു ന്യൂനപക്ഷ സമൂഹത്തിന്റെ ഇന്ത്യൻ മുസൽമാന്റെ സ്വത്തബോധം സമൂഹത്തെ പഠിപ്പിക്കാൻ മതബോധം കാര്യക്ഷമമായി നടത്തുന്ന മദ്രസയിലൂടെ സാധ്യമാകുന്നു എന്നതിനാൽ മദ്രസ മാത്രമല്ല ഭൗതിക പഠനത്തിനു കാരണമാണ് ഇതാണല്ലോ ഒരു ജീവിതസഞ്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞത് ആരാ ഈ മദ്രസാ പഠനം ഇവിടെ ബഹുഭൂരിപക്ഷത്തെയും പ്രതികാണിച്ചത് കൊണ്ട് നടത്തുന്നത് കേരളത്തിലെ സമസ്ത കേരള ഇസ്ലാമത്തെ വിദ്യാഭ്യാസ ബോർഡിന്റെ മദരസകളുടെ എണ്ണം വളരെ കൃത്യമായി കൊണ്ടാണ് ആ കണക്ക് സമസ്തം പ്രസിദ്ധീകരിക്കുന്നത് ആർക്കും നിഷേധിക്കാൻ ഇന്ന വരെ സാധ്യമായിട്ടില്ല ഇതാവട്ടെ ലോഡ്ജിന് നമ്പറിട്ട പോലെ ആയിരത്തി മുതൽ എണ്ണിയതുമല്ല ഒന്ന് മുതൽ ഒമ്പതിനായിരത്തി നൂറ്റി പന്ത്രണ്ട് ലക്ഷം വരുന്ന വിദ്യാർത്ഥികളെ സമസ്ത പഠിപ്പിക്കുന്നു ഒരു ലക്ഷത്തോളം പരുന്ന അധ്യാപകർ ഇവർക്ക് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നു കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ലക്ഷദ്വീപിലും അണ്ടമാനിലും ആന്ധ്രോത്തിലും ഇനിക്കോയിലും എല്ലാ പ്രദേശങ്ങളിലും ദുബൈയിലും അബ്ദാബിലും ഷാർജയിലും അല്ലയിലും റാസൽ ഹൈമയിലും സൗദി അറേബ്യയുടെ മക്കയിലും മദീലും ജിദ്ദയിലും കോബാറിലും തൊക്കുബയിലും ജിസാനിലും വാദി ദബാസിലും ഹമീസ് മുഷൈദിലും അബഹയിലും അൽബയിലും ഖത്തറിന്റെ എല്ലാ പ്രദേശത്തും ബഹ്റയിലും കുവൈത്തിലും ഒമാന്റെ സൂറിലും സുവീബിലും മസ്കത്തിലും റോബിയിലും ഹസബിലും സലാലയിലും വളരെ കാര്യക്ഷമതയോടുകൂടി സമസ്ത മദ്രസകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എത്രത്തോളം മലേഷ്യയിൽ പോലും സമസ്തക്ക് മദ്രസയുണ്ട് ആദരണീയനായ അഡ്ഡ് സമഡ് സാഹിബ് ഒരിക്കൽ മലേഷ്യയിൽ പോയി മടങ്ങി വന്നപ്പോൾ സമസ്തയുടെ എഴുപതാം വാർഷിക മഹാസമ്മേളനം കോഴിക്കോട് കടപ്പുറത്ത് വെച്ചുകൊണ്ട് നടന്ന സമയത്ത് അദ്ദേഹം ഒരു പ്രമേയം അവതരിപ്പിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ഞാൻ നേരിട്ട് കൊണ്ട് കണ്ടതാണ് മലേഷ്യയിലെ സമസ്തയുടെ മദ്രസ അവിടെ അഞ്ചാം ക്ലാസ്സിലെ മദ്രസയിലെ പൊതുപരീക്ഷ ഫിത്ഹ് എന്ന വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്റെ നാടായ കോട്ടകല ചനക്കലേക്ക് ഫോൺ ചെയ്തുകൊണ്ട് അന്വേഷിച്ചപ്പോ എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള മദ്രസയിലും അഞ്ചാം ക്ലാസ്സിലെ പൊതുപരീക്ഷ മണിക്കൂർ അപ്പുറത്ത് നടന്നിട്ടേയുള്ളൂ എന്നിട്ട് അദ്ദേഹം പറയുന്നു എന്നെപ്പോലുള്ളവർ ചരിത്രത്തിൽ പഠിച്ചത് ഏഴ് അത്ഭുതമാണ് എങ്കിൽ ഞാനത് തിരുത്തുന്നു ചരിത്രത്തിൽ എട്ട് അത്ഭുതമുണ്ട് എട്ടാമത്തെ അത്ഭുതം സമസ്തയുടെ മദർസകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലേഷ്യയിലും എല്ലാ സ്ഥലത്തും സ്വകാര്യ സ്വതാര്യമായി സുതാര്യമായി ശാസ്ത്രീയമായി സമസ്ത മദർസകൾ നടത്തുകയാണ് ഇങ്ങനെ പത്ത് ലക്ഷത്തിൽ ചില്ലാം വിദ്യാർത്ഥികളിലൂടെ പതിനായിരക്കണക്കിന് മദ്രസ സമസ്ത നടത്തുമ്പോൾ രണ്ടാം സ്ഥാനം അവകാശപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സംഘടന കേരളത്തിലേതാണ് ദക്ഷിണ കേരള ജമീയത്തിൽ ഉലമയാണ് ആകപ്പാട് ദക്ഷിണ കേരള ജമീയത്തിൽ മദ്രസകളുടെ എണ്ണം കേവലം ആയിരത്തി അൻപത്തി അഞ്ച് മദ്രസകള് മാത്രമാണ് മൂന്നാം സ്ഥാനം അവകാശപ്പെടുന്ന കാന്തപുരം അബൂബക്കർ മുസ്ത്രുടെ മദർസകളുടെ എണ്ണം എണ്ണൂറ്റി അമ്പത്തെട്ടാണ് അതിലപ്പുറം മദ്രസക പോകാൻ അവർക്ക് രാവിലെ ഒന്ന് പറയും ഇരുപത്തി അയ്യായിരം വൈകുന്നേരം പിന്നെ പറയും അല്ല ആയിക്കൊണ്ടേ ഇരിക്കണ്ടേയുള്ളൂ പിന്നെ പറയും കേരളത്തിലെ മുഴുവൻ ഇന്ത്യയിലെ മുഴുവൻ മദർസെ ഞങ്ങളുടേതാണ് മഹാനായ ശംഷലമാ നവർലാഹു മർക്കറഹു പണ്ട് പറഞ്ഞിട്ടുണ്ട് രാത്രിയായാൽ കുറുക്കൻ ഒരു ശൈലിയുണ്ട് അല്പമുയരമുള്ള സ്ഥലത്ത് കൊണ്ട് ഉയർത്ത് നിന്നുകൊണ്ട് മറ്റുള്ള കുറുക്കന്മാരെ മുഴുവനും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് പറയും രാത്രിയായാൽ ഈ നാടൊക്കെ എന്റേതാണ് അത് പറയുമ്പോൾ മറ്റുള്ള കൊടുക്കന്മാർ പറയും ഓക്കെ ഓക്കെ ഓക്കെ എന്ന് ഈ ശൈലിയാണ് വിഘടന വിഭാഗം സുന്നീഗം നടത്തിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ കേരളത്തിലെ കേന്ദ്രത്തിലെയും ഇന്ത്യയിലെയും ഭൂരിഭാഗ മദ്രസുകളും ഇവർ സ്വന്തം പതിച്ചെടുക്കുകയാണ് എന്നാൽ ജോസ് ജോൺ എന്ന പത്രപ്രവർത്തകൻ ഇന്ത്യാ പ്രസിദ്ധീകരിച്ച സർവേയിലും ഡോക്ടർ സി കെ കരീമിൻ മരണപ്പെടുന്നതിന്റെ കുറച്ചും വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ കേരള മുസ്ലിം ഡയറക്ടറിയിലും സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ മുഖ്യശുമാരുടെ പഠന പര്യടനത്തിലൂടെ ബോധ്യപ്പെട്ട സർവേയിലും വളരെ കൃത്യമായി എണ്ണൂറിനും തൊള്ളായിരത്തിനും ഇടയിൽ മാത്രമേ കാന്തപുരത്തിന്റെ മദ്രസകൾ ഉള്ളൂ എന്ന കാര്യം വ്യക്തമായും പഠന റിപ്പോർട്ടാണ് അതാവട്ടെ കേവലം സമസ്ത അഞ്ഞൂറ് വിദ്യാർത്ഥികളെ വെച്ചുകൊണ്ട് മദ്രസ നടത്തുമ്പോൾ കേവലം അൻപത് കുട്ടികളെ വെച്ചുകൊണ്ട് മാത്രമേ കാന്തപുര വിഭാഗത്തിന് മദ്രസകൾ നടത്താൻ സാധിക്കുന്നുള്ളൂ എണ്ണം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഒന്നാം നമ്പർ എന്നും അതിന് പേരിട്ടുകൊണ്ട് വിളിക്കാമെന്നല്ലാതെ സമസ്തയുടെ മദ്രസയുടെ അയലത്തേക്ക് അടുക്കാൻ കാന്തപുരത്തിന്റെ കയ്യാമത്തെ നാളെ വരെ സാധ്യമല്ല എന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് സമസ്തയും കാന്തപുരം വിഭാഗത്തിന്റെ മദ്രസയും കടലും കടലാടിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് അന്നാർക്കാനൊരിക്കലും ആനയോട് മത്സരിക്കണ്ട എന്ന ഇതേ സംബന്ധമായി നമുക്ക് പറയാനുള്ളൂ അതുകൊണ്ട് തന്നെ അവർ മൂന്നാം സ്ഥാനത്ത് കേരളത്തിലെ നടുബത്തൽ മുജാഹിദിന്റെ മൗലവി വിഭാഗം ഔദ്യോഗിക ഗുരുപ്പൻ അവകാശപ്പെടുന്ന പറഞ്ഞു ആകെ കൂടി നടത്തുന്ന മദർസകളുടെ എണ്ണം ഇരുന്നൂറ്റി അറുപത്തി എന്നാൽ മടവൂർ വിഭാഗം നടത്തുന്നത് നൂറ്റി അൻപത് മാത്രമാണ് ജമാഅത്ത് ഇസ്ലാമി നടത്തുന്നത് നൂറ്റി അൻപത്തി എല്ലാവരും ഒന്നിച്ചൊരു പ്ലാറ്റ്ഫോമിൽ അണിനിടന്ന സമസ്തക്ക പ്രതിപക്ഷമായി നിന്നാലും സമസ്തന്റെ നാലിലൊന്ന് പോലും തികക്കാൻ അവർക്ക് എല്ലാവർക്കും കൂടി സാധ്യമല്ല അതുകൊണ്ട് സമസ്ത കേരള ജമ്മയ്യത്തുൽ അലമ്മ നിർവഹിച്ചിട്ടുള്ള ഏറ്റവും വലിയ സംഭാവന മദ്രസയാണെങ്കിൽ കേവല മദ്രസ കുട്ടികളി മാത്രമല്ല അത് കുട്ടികളിയല്ല കേരള മുസ്ലിംകളെ ഇന്ത്യൻ മുസ്ലിമികളുടെ നെടുസ്ഥാനകത്ത് കൊണ്ടുവരികയും മുസ്ലിം നവോത്ഥാനത്തിന്റെ ചാലശക്തി മദ്രസ പറയാൻ രജീന്ദ്ര സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് കാരണമാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെയാണ് സമസ്ത നിർവഹിച്ചിട്ടുള്ള ഏറ്റവും വലിയ കർമ്മം ഏറ്റവും വലിയ സംഭാവന ഈ മദ്രസകൾ വഴി ഒരുപാട് ഉജ്ജ്വലമാവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മദ്രസകളിലൂടെ സമൂഹത്തെ കെട്ടിപ്പടുക്കുന്ന സമസ്ത കേരള ഇസ്ലാമത ബോർഡ് അത് മദ്രസകളെ നടക്കുന്നത് കേവലമൊരു മതപഠനം എന്ന അർത്ഥത്തിൽ കൂടിയല്ല ഭൗതികതക്ക് കൂടിയാണ് നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും നല്ല എഞ്ചിനീയറിംഗ് കോളേജ് ആരാ നടത്തുന്നത് കഴിഞ്ഞ ദിവസം പത്രങ്ങളിലെല്ലാം വാർത്ത വന്നു ചില ചാനലുകളിലെല്ലാം ഫ്ലാഷ് ന്യൂസ് കാണിച്ചു എന്തായിരുന്നു പറഞ്ഞത് നിർമ്മൽ മാധവനെ സമസ്ത ഏറ്റെടുക്കുമോ ഏറ്റെടുക്കില്ലേന്ന് സമസ്ത മദ്രസിലേക്ക് ചേർക്കുമോ ചേർക്കില്ലേ എന്നല്ല മറിച്ച് എൻജിനീയറിംഗ് കോളേജിൽ സമസ്ത ചേർക്കുമോ ചേർക്കില്ലേൻ എന്താണ് അതിന്റെ അർത്ഥം സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡും പട്ടിക്കാൻ ജാമയാനൊരിയ അറബി കോളേജും ചേർന്ന് കൊണ്ട് നടക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജ് ആ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് മാലോകർ അറിയുന്നത് പലപ്പോഴും പക്ഷെ അപ്പോൾ തന്നെ ആയിരിക്കാം ഇരു കാര്യം കൂടി കേരളത്തിലെ മുസ്ലിം മതസംഘടനകളുടെ കൂട്ടത്തിൽ സമസ്തം മാത്രമേ ഒരു എൻജിനീയറിംഗ് കോളേജ് നടത്തുന്നുള്ളൂ മറ്റൊരു സംഘടനയും ഇന്ന് വരെ എഞ്ചിനീയറിംഗ് കോളേജ് നടത്താൻ സാധ്യമായിട്ടില്ല എം ഇ എസ് സി എന്ന സംഘടന ഒരു മഠസംഘടന അല്ല അതൊരു സാംസ്കാരിക വ്യതിയാണ് എന്നാൽ ഒരു മഠസംഘടന ഇസ്ലാമിക സംഘടന എന്ന അർത്ഥത്തിൽ പ്രവർത്തിക്കുന്ന സമസ്ത മാത്രമേ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് നടത്തുന്നുള്ളൂ ആ എഞ്ചിനീയറിംഗ് കോളേജ് കേവലം ഏതെങ്കിലും ട്രസ്റ്റികളുടെ ബാങ്ക് ബാലൻസ് കൂട്ടാനോ സ്വകാര്യ മാനേജ്മെന്റുകളുടെ പണക്കെടുപ്പ് വർദ്ധിപ്പിക്കാനോ അല്ല മറിച്ച് ഒരു നയാ പൈസ പോലും ഒരു വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്നുകൊണ്ടും തലവിരി വാങ്ങാനോ ഡൊണേഷൻ എന്ന ഓമരപ്പെട്ടിട്ട് കൊണ്ട് അഴിമതി സ്വീകരിക്കാനോ സമസ്ത ഇന്ന് വരെ തയ്യാറായിട്ടില്ല മിടുക്കന്മാരായ വിദ്യാർത്ഥികൾക്ക് സൗജന്യ പ്രവേശനം നൽകി ഇസ്ലാമിക ചിട്ടയിലും അഹുലി സന്നദ്ധ വജമാത്ര വിദ്യാർത്ഥികളെ പടുത്തുയർത്തുന്ന പ്രസ്ഥാനമാണ് സംസ്ഥയുടെ എം ഇ കോളേജ് ആ എഞ്ചിനീയറിംഗ് കോളേജ് ഗവൺമെന്റ് അംഗീകൃത ഫീസ് തന്നെ വാങ്ങിയാൽ ലക്ഷങ്ങൾ ബാലൻസ് ആണ് അതിന്റെ വരുമാനം ഉപയോഗപ്പെടുത്തുന്നതും മറ്റൊരു പ്രവർത്തനത്തിലുമല്ല ജീവകാരുടെ പ്രവർത്തനത്തിനാണ് നിങ്ങൾ അറിയാം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഒരു ക്യാൻസർ വാർഡ് പൂർണ്ണമായും ദത്തെടുത്ത സമസ്തയാണ് അത് പൂർണ്ണമായും ദത്തെടുക്കുമ്പോൾ ഒരു കാര്യം കൂടി ബോധ്യമാകുന്നു അന്ന് വരെ മലയാള മനോരമത്തായിരുന്നു ഏറ്റവും നല്ല വാർഡ് ദത്തെടുത്ത ഒന്നാം സ്ഥാനം എന്നാൽ പത്തൊമ്പത് ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് പത്തൊമ്പത് സംതിങ് ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് സമസ്ത കേരള ഇസ്ലാം വിദ്യാഭ്യാസ ബോർഡിന്റെ എഞ്ചിനീയറിംഗ് കോളേജ് ബഹുമാനപ്പെട്ട സൈഡ് ഹൈദലി ശിഹാപിടങ്ങൾ രോഗികൾക്ക് വേണ്ടി ദത്തെടുത്തുകൊണ്ട് അത് തുറന്നു കൊടുക്കുന്ന സമയത്ത് അന്ന് വരെ ഒന്നാം സ്ഥാനം അവകാശപ്പെട്ട മലയാള രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റപ്പെട്ടു ഇന്ന് സമസ്തയാണ് ഏറ്റവും നല്ല ഏറ്റവും നല്ല സൗകര്യത്തോടുകൂടി രോഗികൾക്ക് ഒരു മെഡിക്കൽ കോളേജിൽ ഒരു വാർഡ് ദത്തെടുത്തിട്ടുള്ളത് ആ സംഭാവന നിർവഹിക്കുമ്പോൾ വിദ്യാഭ്യാസ വരുമാനം ആതുര സേവനത്തിനും ജീവകാരുണ്യ പ്രവർത്തനത്തിനും ഉപയോഗപ്പെടുത്താമെന്ന് ഈ ആകാശത്തിന്റെ ചുവട്ടിൽ പഠിപ്പിച്ചതെന്ന ഏക പ്രസ്ഥാനം സമസ്ത കേരള ജനയത്തിനുലമയാണ് അതുകൊണ്ട് വിദ്യാഭ്യാസ നവോത്ഥാനവും ജീവകാരുണ്യ പ്രവർത്തനവും എങ്ങനെ കൊണ്ടുപോകാം എന്ന് സമസ്ത പഠിപ്പിക്കുകയാണ് വിദ്യാഭ്യാസ രംഗത്ത് സമസ്ത ചെയ്ത വലിയ സംഭാവനകൾ ധാരാളമുണ്ട് ഞാൻ ഓരോ നേരത്തുകൊണ്ട് വിശദീകരിക്കാൻ സമയത്തിന്റെ അപര്യാപ്തത ഞാൻ ശ്രമിക്കുന്നില്ല സമസ്തയിൽ നിന്ന് അച്ചടക്കം പഠിച്ച സമസ്തക്ക് ശക്തമായ വേദിയൊരുക്കപ്പെട്ട പ്രസ്ഥാനമാണ് സമസ്തകല സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ എസ് കെ എസ് എസ് എഫിന്റെ ഏറ്റവും നല്ല സംഭാവന വിദ്യാഭ്യാസ സംഭാവനയാണ് അതിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് മസ്ക്കറ്റ് സുന്നി സെന്ററിന്റെ സാമ്പത്തിക സഹായത്തോടുകൂടി എസ് കെ എസ് ആവിഷ്കരിച്ച എച്ച് എന്ന പദ്ധതിയിൽ നിന്നുകൊണ്ടാണ് രണ്ട് ഐ ഈ രാജ്യത്തിന് സമർപ്പിക്കാൻ സാധിച്ചത് കേവലം രണ്ടല്ല രണ്ടായിരത്തിന്റെ സ്ഥാനത്തേക്ക് എത്തിപ്പെടാൻ ഒരു രാജ്യത്തിന്റെ ഒരു പ്രദേശത്തിന്റെ ചരിത്രപരമായ കാരണങ്ങളാൽ പിന്നോക്കം നിൽക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ ഉയർത്തിഞ്ഞേപ്പ് മനസ്സിലാക്കിക്കൊണ്ടാണ് സമസ്ത വിദ്യാഗ്രസ്താനം അത് ഏറ്റെടുത്തതും ഇന്ന് രണ്ട് ജില്ല ഭരിക്കുന്നത് എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാരാണ് ജേഫർ സോദിക്കും അബബക്ര സുദ്ദിക്കും ഇൻഷാ അല്ലാ മൂന്നാളുകൾ അതിൽ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ എസ് കെ എസ് എസ് എഫിന്റെ വലിയ ഘടകമായ യു സ്റ്റെപ്പ് എന്ന പദ്ധതി സമർപ്പിച്ചുകൊണ്ടാണ് ഐ ഐ ടി പരിജ്ഞാനമുള്ള വിദ്യാർത്ഥിയായ നൌഫലിനെ ഏറ്റെടുത്തുകൊണ്ട് ഒരു ശാസ്ത്രീയ രംഗത്തേക്ക് അവനെ കൈപ്പിട്ടിച്ചുത്തുകയും അള്ളാഹു അനുകരിച്ചാൽ ഒരു രണ്ടാമത് എ പി അബ്ദുൽ കലാം ഇന്ത്യക്ക് വരദാനമായി സമർപ്പിക്കപ്പെടാനും സാധ്യമാകുന്ന സംഭാവന സമർപ്പിക്കുന്നത് എസ് കെ എസ് എസ് തന്നെ ശാസ്ത്രീയ രംഗത്തെ വളർച്ച വേണം ഈ സമൂഹം ഒരു കാലം പിന്തള്ളപ്പെട്ടവരാണെങ്കിൽ അത് തിരിച്ചുപിടിക്കാനും സാധിക്കണം ഈ നിലയ്ക്ക് വിദ്യാഭ്യാസപരമായ ഒട്ടേറെ സംഭാവനകൾ നമ്മുടെ ചില ആളുകൾ വിധേ പറമ്പുകൊണ്ട് ആളുകളെ ദത്തെടുത്തു വിദ്യാഭ്യാസ രംഗത്ത് പറയാറുണ്ട് ചിലർ കാശ്മീരിലെ കുട്ടികളെ കൊണ്ടുവന്നു എന്തായിരുന്നു കാശ്മീറുമായി ഉള്ള ബന്ധം ഞാനാ വിശദീകരിക്കാൻ സമയം ഉപയോഗപ്പെടുത്തുന്നില്ല കാശ്മീരിലേ കിടക്കിടക്ക് പോകാനും കാശ്മീർ കുട്ടികളെ കൊണ്ടു സ്വീകരിക്കാനും അതിന് പത്ര കവറേജ് നൽകപ്പെടാനുമുള്ള കാരണം പലതുമുണ്ട് അത് വിശദീകരിക്കപ്പെടാൻ ഈ പൊതുവേദി അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് ശ്രമിക്കുന്നില്ല എങ്കിലും ഒരു കാര്യം വളരെ വ്യക്തമാണ് കാശ്മീരിലെ കുട്ടികളെ കൊണ്ടുവന്ന് ആ കുട്ടികൾക്ക് പഠനം കൊടുക്കുമ്പോൾ എന്താ പറഞ്ഞൊരു പത്രസമ്മേളനം നടത്തിയിട്ട് ബാപ്പ മരിച്ചുപോയ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട തീവ്രവാദികളുടെ ബോംബേർ കൊണ്ട് മരണപ്പെട്ട തെരുവീതിയിലെ പാവപ്പെട്ട മക്കളെ ഷേഹുന രണ്ട് കൈയും ഞെട്ടി പിടിച്ചുകൊണ്ട് ദത്തെടുത്ത് വളർത്തി സ്ഥാമത്തിൽ പഠിപ്പിക്കുന്നു പിതാവില്ലാത്തവർ ഇവരുടെ പ്രസിദ്ധീകരണങ്ങളിലും ഇവരുടെ സകലമായ പ്രസിദ്ധീകരണങ്ങളിലും ഇവർ കൊടുത്ത ഫോട്ടോയിൽ ഈ കുട്ടികളെ തലവെച്ചുകൊണ്ടാണ് ധാരാളം സംഭാവനകൾ പിരിക്കാൻ ശ്രമിച്ചത് കാശ്മീരിലെ കുട്ടികളെ ഏറ്റെടുക്കുന്നു കാശ്മീർ കുട്ടികളെ ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ വിദേശത്തിലെ സംഘം സംഘടനകളുടെ പിന്തുണ കിട്ടും ആ ഒരു അടിസ്ഥാനപ്പെടുത്തി ഖണ്ഡമാണ് കാശ്മീരിനെ ഉദ്ദേശിച്ചത് എന്നാ കാശ്മീരിലെ കുട്ടികളെ തത്തെടുത്തുകൊണ്ട് വന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കുറെ കുട്ടികളൊക്കെ തന്നെ കാശ്മീരിലൊക്കെ മടങ്ങി പോകുന്നു കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നുകൊണ്ട് ചില കുട്ടികൾ മടങ്ങവേ കേരളത്തിലെ ചില പത്രപ്രതികൾ ചെന്നകൊണ്ട് ചോദിച്ചു നിങ്ങൾ എന്താ മടങ്ങി പോകുന്നതിന് കാരണം ഞങ്ങളിവിടെ സൗകര്യങ്ങളില്ലാത്തത് കൊണ്ട് പോവുകയാണ് ഇതാരാ ഇതെന്റെ പിതാവ് നൂർ മുഹമ്മദ് എന്താ നിങ്ങളുടെ ജോലി കൺസഷൻ ഡീലറാണ് ഇതാരാ ഇതെന്റെ ജ്യേഷ്ഠൻ്റെ മകനാണ് ജ്യേഷ്ഠനോ എൻ്റെ ബിസിനസ് ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ നോക്കി നടത്തുന്നത് അവനാണ് നോക്കേണ്ട സമയത്ത് ആ കുട്ടികൾക്കൊക്കെ തന്നെ ബാപ്പയുണ്ട് ഈ സന്ദർഭത്തിൽ പത്രക്കാർ ചോദിച്ചു നൂർ മുഹമ്മദിനോട് അല്ല ഈ കുട്ടികൾക്കൊന്നും ബാപ്പല്ല പിതാവില്ല യത്തീകുട്ടികൾ ആണെന്നാണല്ലോ ഇവരുടെ ഷേഹുന പത്രസമ്മേളനം നടത്തി പറഞ്ഞത് നൂർ മുഹമ്മദ് പറഞ്ഞ മറുപടി ഞാൻ വരുന്നത് അല്ലാതെ ഖബർന്നല്ല എല്ലാ കുട്ടികൾക്കും ബാപ്പയുണ്ട് പിതാവുള്ള കുട്ടികളെ കൊണ്ട് പറഞ്ഞ പിതാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് പത്രസമ്മേളനം നടത്തുകയും സി ഡൾ ഫോട്ടോ എടുത്തുകൊണ്ട് വിദേശങ്ങളിലേക്ക് കൊടുക്കുകയും ചെയ്തുകൊണ്ട് പണപ്പെരുവ് നടത്തുമ്പോൾ അതിൻ്റെ പേരിൽ പിരിവ് നടത്തിയതിന്റെ കണക്ക് ആരും പ്രസിദ്ധീകരിക്കാൻ പോലും എന്നാൽ അതേ പ്രദേശത്തിൻ്റെ ഇന്ത്യ രാജ്യത്തെ മറ്റൊരു സ്ഥലമാണ് ഗുജറാത്ത് ഗുജറാത്തിൻ്റെ പാവപ്പെട്ട മക്കള് പിതാവ് നഷ്ടപ്പെട്ടവർ വാപ്പി മാതാവ് നഷ്ടപ്പെട്ടവർ നരേന്ദ്രമോദിയുടെ തേർവാഴ്ച നടത്തപ്പെട്ട ഗുജറാത്ത് ഒരു സമുദായത്തിൽ പിറന്നു എന്നതിൻ്റെ പേരിൽ ഒരു ഫാസിസ്റ്റ് വിഭാഗത്തിന്റെ അക്രമത്തിന് ഇരയായി ജീവനോടെ ബന്ധു മുറിക്കപ്പെട്ട ജീവനോടെ ബന്ധു മരിച്ചുപോയ മാതാപിതാക്കളുടെ മക്കൾ തെരുവീതിയിൽ നിരാമ്പലംബരായി കഴിയുന്ന സമയത്ത് അവരെ മാറോട് ചോർത്തുകൊണ്ട് ഏറ്റെടുക്കാൻ നേരെ കൈ നെട്ടിച്ചെന്നത് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഒമർ അലി ഷിഹാബങ്ങളാണ് ആ ഉമർ അലി ഷിഹാബടങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് നൂറക്കടക്കൻ വിദ്യാർത്ഥികളെ വയനാട് മുസ്ലിം യത്തീംഖാനൊക്കെ സമർപ്പിച്ചത് ചില വിദ്യാർത്ഥികളെ ബഹുമാനപ്പെട്ട തങ്ങൾ അന്ന് നേതൃത്വം നൽകിയ ദാർഗുഡ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിക്കും സമർപ്പിച്ചു അതേപോലെ തന്നെ കേരളത്തിലെ പല സ്ഥാനങ്ങൾക്കുമായി തങ്ങൾ വിരിച്ചു കൊടുത്തു ഇന്ന് വരെ പേരിൽ ഒരു പത്രസമ്മേളനം ബഹുമാനപ്പെട്ട സയ് എമർഹങ്ങളോ എമർ തങ്ങൾ നേതൃത്വം നൽകിയ സമസ്ത പോലുള്ള സംഘടനയോ അതിന്റെ കീഴ് ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല എല്ലാ യത്തിയും ഒരുപോലെ സമസ്ത കാണതാൻ അതിന്റെ പേരിൽ പിരിമ നടത്താമായിരുന്നല്ലോ ഇതിന്റെ പേരിൽ പത്രക്കവലേച്ചുകൾ ഉണ്ടാക്കാമായിരുന്നല്ലോ സമസ്ത ആ സ്വീകരിച്ചിട്ടില്ല പല ആളുകളും ചെയ്യാത്ത പ്രവർത്തനം ചെയ്തു എന്ന് പറയുമ്പോൾ ചെയ്തതിന് തന്നെ പലപ്പോഴും പറയാൻ മടി കാണിക്കുകയും പല സന്ദർഭങ്ങളിലും ചെറുത് സമൂഹത്തെ പൊട്ടിപ്പെടുമ്പോൾ സമസ്ത സ്വീകരിക്കപ്പെടുകയും ചെയ്യാൻ സ്വമേധയാ സമൂഹം സമസ്തൻ്റെ കൂടെ നിൽക്കുകയാണ് സമസ്ത ചെയ്ത സേവനം പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ആന പ്രസവിച്ചത് പോലെയാണ് ആന പ്രസവിച്ചാൽ ആനക്കുട്ടിക്ക് ഇമ്മുണി വലുപ്പം എന്നാലും തള്ളാനക്ക് അല്പം പോലും അഹങ്കാരമുണ്ടാവില്ല ഞാനാരാ മോള് ഇത്രയും വലിയൊരു കുട്ടിയെ പറ്റ തള്ള ഞാനാണ് എന്ന കിബറൊന്നും തള്ളാനൊക്കെ ഉണ്ടാവൂല അവൾ ശാന്തയായി പട്ട പൊട്ടിച്ചു തന്നു സൗകര്യത്തോടുകൂടി അവിടെ നിൽക്കും എന്നാൽ വേറെ ചില ആളുകൾ എന്തെങ്കിലും ഒരു സംഭാവന ചെയ്താൽ അത് കോഴി മുട്ടയിട്ട പോലെയാണ് കോഴി മുട്ടയിട്ടാലെ സ്ഥിതി അറിയാലോ കോഴിയേക്കാ വലുപ്പം മുട്ടക്കെന്തായാലും ഉണ്ടാവില്ല എന്നാൽ ആ ഇട്ട മുട്ട് ആ വീട്ടിൽ കിടന്നുറകുന്ന പോലെ പോലെ അവരെയും അറിയിച്ചിട്ട് ഈ തള്ളക്കോയ്ക്ക് അടങ്ങിയിരിക്കൂ കൊക്കോ കൊ കൊ കുക്കിക്കൂി തൊട്ടടുത്തുള്ള ചട്ടിയും കൊടുക്കയും ഗ്ലാസും പൊട്ടിച്ച് എല്ലാം കൂടി കഴിയുമ്പോൾ നാട്ടുകാരറിയുമ്പോഴേക്കും ഒരുപക്ഷെ ഇട്ടമുട്ടയും പൊട്ടിയിട്ടുണ്ടാകും അപ്പോഴേക്കും വന്ന കാശ്മീരിലെ കുട്ടികളൊക്കെ കാശ്മീരിലെത്തിയിട്ടുണ്ടാവും ഈ നിലപാടുകളാണ് ഇന്നുവരെ നമ്മൾ കണ്ടു വന്നിട്ടുള്ളത് ആനന്ദ നിർത്ത ഈ സമൂഹത്തിൽ പെരുമ്പറ നടച്ചുകൊണ്ട് നടക്കുന്നവർ മഹാനായ നാട്ടിക ഭാഷയിൽ പറഞ്ഞാൽ ടൗണിലെ ഓട്ടോറിക്ഷ പോലെ പേരാപാര നടന്നുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്നറിയിക്കാനുള്ള ചില ശ്രമകരമായ പ്രവർത്തനങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് സമസ്തയുടെ സംഭാവന വിദ്യാഭ്യാസ രംഗത്തും ജീവകാരുണ്യ പ്രവർത്തനത്തിലും തൊഴിൽപരമായ മേഖലകളിലും വി സാഹിത്യ സ്ത്രീ നവോത്ഥാന രംഗത്തും രാഷ്ട്രീയപരമായ അപബോധം സൃഷ്ടിക്കുന്ന രംഗത്തും സമസ്ത വഹിച്ചുള്ള നിസ്തുലമാണ് മറ്റൊരു പ്രസ്ഥാനം നിർവഹിക്കാൻ അവരെ സാധിച്ചിട്ടില്ല കേരള മുസ്ലിമുകൾ ഇന്ന് റവന്യൂ വരുമാനത്തിന്റെ അറുപത് ശതമാനം കൈകാര്യം ചെയ്യാൻ മാത്രം പ്രാപ്തമായ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനമായി വളരാനുള്ള കാരണവും എന്ത് തന്നെയാണ് ഉത്തരേന്ത്യയിൽ പോലും ക്ലച്ചുപിടിക്കപ്പെടാതിരിക്കുമ്പോ കേരളത്തിൽ വളരാനുള്ള കാരണം ആത്മീയ നേതൃത്വം കേരളത്തിൽ സമസ്ത കാണിച്ചത് മഹാനായ ബാഫഘട്ടങ്ങളെയും പി എം അത് കണ്ടുകൊണ്ടാണ് മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പച്ചപിടിക്കാൻ പോലും സാധ്യമായത് മറ്റു സ്റ്റേറ്റുകളിൽ കായികമില്ലത്തും അതിരാശി എന്തുകൊണ്ട് അത് തമിഴ്നാട്ടിൽ കളിച്ചുപിടിച്ചില്ല ആ പച്ചപ്പതാക നെഞ്ചിലേക്ക് ഏറ്റുപിടിക്കാൻ ബാഫുഘട്ടങ്ങളുള്ളത് കൊണ്ട് ആ ബാഫുഘട്ടങ്ങളെ കണ്ടുപഠിക്കണമെന്ന് പഠിപ്പിക്കുന്നത് സമസ്തയാകയാൽ സമസ്തയാണ് മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെയും ചാലകശക്തി അഭിപ്രായ ഉണ്ടാവാം മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരും സമസ്തയിൽ ഉണ്ടാവാം പറ്റൊരു സ്വത്ത മനസ്സിലാക്കി പാണക്കാട് കൊടുപെട്ട സമൂഹത്തിന് സമർപ്പിക്കുകയും അവരെ അനുധാപനിച്ചത് കൊണ്ട് എന്ന സമൂഹത്തെ ഉമ്മയുടെ മുലപ്പാലിന്റെ ശേഷം പഠിച്ചിട്ടുള്ള ആത്മീയപരമായ മുലപ്പാൽ ഈ കേരളീയ ഒമത്തിന് സമർപ്പിച്ചത് സമസ്ത കേരള ജമ്മയ്യത്തിൽ ഒലമയാണ് എല്ലാ മേഖലകളെയും നവോത്ഥാനം സമസ്ത വഹിച്ചതാണ് മറ്റെല്ലാ സംഘടനകളും ആദർശത്തെ വ്യതിചരിച്ചു കൊണ്ടുപോയി നെതുവത്തിൽ മുജാഹിദ്ദീൻ പറഞ്ഞ അഭിപ്രായത്തിൽ ഇന്ന് അവർ സാധിക്കുന്നില്ല നെതുവട്ട് പറഞ്ഞു അഭൗതിക മാർഗത്തിൽ അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കാൻ പാടില്ല അത് പറഞ്ഞുകൊണ്ടാണ് നെതുപത്ത് രൂപീകരിക്കപ്പെട്ടത് ഇപ്പൊ പറയുന്നു അഖിരസുന്നികളുടെ പക്ഷം ശരിയാണ് അക്കയുടെ സുന്നികളുടെ പക്ഷമാണ് ശരിയെന്ന് എന്താ കാരണം അഭൗഡിക മാർഗത്തിൽ ചെല്ലത്ത് അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കാം ജിന്ന അഭൗഢകമാണ് ചോദിക്കാം ജിന്നുകൾ ഉണ്ടെന്ന വിശ്വാസത്തിൽ അവർ എത്തിച്ചേർന്നിരിക്കുകയാണ് മടവുർ വിഭാഗം പറയുന്നത് എന്താ ആഗോള സലഫികൾ ജുമായയുടെ മുമ്പ് രണ്ട് കൊട്ടുപം നിർവഹിക്കുന്നു കേരളത്തിലും അതാവാം മഡവൂറിന്റെ മറ്റൊരു വാദം ആഗോള സലഫികൾ നിർവഹിക്കുന്നു പരിശുദ്ധമായ മസുദ് നബഫിയിലും മസുദുൽ ഹറാമിലും തറാവിഹ് ഇരുപതര കഴത്ത് അതുകൊണ്ട് ഇരുപതിരക്കേറ്റം നമുക്കുമാവാം ചുരുക്കത്തിൽ സുന്നികളുടെ ഫിത്തഹ മടവൂരും സുന്നികളുടെ അഖീര ഒരളവോളം മൗലവിയും സ്വീകരിക്കുന്നു ഞങ്ങൾ പറയുന്നു സമസ്തയുടെ എൺപത്തി അഞ്ചാം വാർഷികത്തിലൂടെ സമൂഹത്തെ പറയുന്നു നടുവത്തിന്റെ രണ്ടു കുരുപ്പും ഒന്നിച്ചിരുന്ന് അമ്മായി പോലെ മാറ്റിവെച്ച് ഒരു മേശക ചുറ്റും ഇരുന്നാൽ സമസ്ത മീഡിയേറ്ററാവാം അങ്ങനെ ആയാൽ ഒരു കുട്ടർക്ക് തിരിഞ്ഞിട്ട് മറ്റേ കുട്ടർക്കും മറ്റേ കുടർക്ക് തിരിഞ്ഞിട്ട് ഇക്കൂട്ടർക്കും പഠിപ്പിച്ചു കൊടുത്താൽ നിങ്ങൾക്കും പൂർണ്ണ സുന്നിയാവാം അതുകൊണ്ട് കേരള നടുമത്തല മുജാഹിദ്ദീനെ സമസ്തയുടെ എൺപത്തഞ്ചാം വാർഷികത്തിലൂടെ നമ്മൾ ക്ഷണിക്കുന്നു യഥാർത്ഥ ദൗഹീദിലേക്ക് യഥാർത്ഥ സമസ്തയിലേക്ക് ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിന്റെ ആശയം ജനാധിപത്യം അതിഷിർക്കാണികന്നായിരുന്നു ഇന്ത്യ രണ്ട് കണ്ടമായ സമയത്ത് മൗദുരി പറഞ്ഞു രണ്ട് കണ്ടമല്ല ഇരുന്നൂറ് തുണ്ടമായാലും എനിക്ക് പരാതിയില്ല പരിഭവമില്ല ഒരു തുണ്ടം ഭൂമിയിൽ ഇസ്ലാം ഉണ്ടാവണം അതുവരെ ഞാൻ ജിഹാഡ് നടത്തും എന്ന് പറഞ്ഞ മൗദുരി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രബോധനം ലേഖനം എഴുതിക്കൊണ്ട് പറഞ്ഞു അതിന്റെ മുഖപ്രസംഗം എഴുതി ഈ രാജ്യം ഇസ്ലാമാകുമെന്ന് ഉറപ്പ് കിട്ടാത്ത കാലത്തോളം ഞങ്ങളൊരിക്കലും ജനാധിപത്യ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയോ മത്സരത്തിന് പിന്തുണ കൊടുക്കുകയോ ജനാധിപത്യ പ്രക്രിയയിൽ പങ്ക് വഹിക്കുകയോ ചെയ്യില്ല കാലമാറി ജമാഅത്ത് എന്താ പറഞ്ഞു ഒരു രാജ്യത്തിന്റെ സാമ്രാജ്യത്വത്തിനെതിരെ ഇടതുപക്ഷത്തിന് വോട്ട് കൊടുക്കണം പിന്നെ പറഞ്ഞത് എന്താ ഉദാരവൽക്കരണം ആഗോളവൽക്കരണം വായിൽ കൊള്ളാത്ത സായുറ്റും പേന കൊള്ളാത്ത അക്ഷരം പറഞ്ഞുകൊണ്ട് മുണന്ദൻ ന്യായം വെച്ചുകൊണ്ട് ജനാധിപത്യത്തിൽ ജമഅത്ത് ഇസ്ലാമി വന്നു പിന്നെ പറഞ്ഞത് എന്താ വോട്ട് മാറി മാറി കൊടുക്കണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് യു ഡി എഫ് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടാൻ ജമാഅത്ത് ഇസ്ലാമി ഞങ്ങൾക്ക് വേണ്ട എന്ന് എൽ പറഞ്ഞു അതുവരെ ആസ്വദിച്ച പിണറായി വിജയൻ പിന്നെ പറഞ്ഞു വേണ്ടാന്ന് അതേപോലെ തന്നെ കോൺഗ്രസും മുസ്ലിം ലീഗും പറഞ്ഞു വേണ്ടാൻ യു ഡി എഫിനും വേണ്ട എൽ ഡി എഫിനും വേണ്ട ഒടുക്കം പാല മുറിഞ്ഞ ചകുത്താനെ പോലെ ഇനി ജമാത്തിന്റെ പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല ആ കൈവൈ തോടും വരാം സമസ്തയുടെ പ്രവിശാലമായ ബഹറി ലേക്ക് ജമാത്തിന്റെ അടിസ്ഥാനം നഷ്ടപ്പെട്ടിരുന്നു കാന്തപുരം അബുബക്കർ മിസ്ലിയാറ് പറഞ്ഞ നിലപാടിൽ മാത്രമല്ല പറഞ്ഞത് അപ്പാടെ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ നാട് പറഞ്ഞു നടന്നത് കുട്ടികളാരും നമ്മളാരും എസ് എസ് എഫിന്റെ വിദ്യാർത്ഥികളോട് പറഞ്ഞു നിങ്ങളാരും പൊറോട്ട തിന്നാൻ പാടില്ല എന്താ കാരണം പൊറോട്ട മൈദ കൊണ്ടാണ് മൈദ ലിബർട്ടി മൈദയാണ് മലബാറിൽ സുലഭമായി കിട്ടുന്നത് ലിബർട്ടി മൈദ കോഴിക്കോട്ടെ പി കെ അഹമ്മദ് അലിയുടേതാണ് പി കെ അഹമ്മദ് അലി മുജാഹിദ് അതുകൊണ്ട് ഇതായിരുന്നു അവരുടെ ഭധുവ ഭിസ്മി പാന ഉപയോഗിക്കാൻ പാടില്ല ഭിസ്മി പാനന്റെ ഓണർ ജമാഅ ഇസ്ലാമിക്കാരനാണ് ജമമുജകളുമായി ബന്ധം പാടില്ല ജമമുജ നടക്കുന്ന വേദിയിൽ പോകാൻ പാടില്ല അവരുടെ വഴി നടക്കാൻ പാടില്ല അവർ കുടിച്ച കിണറ്റിൽ വെള്ളം കുടിക്കാൻ പാടില്ല ഈ രൂപത്തിൽ അന്തമായ രൂപത്തിലുള്ള ബഹിഷ്കരണം അവസാനമോ അന്ന് സമസ്ത പറഞ്ഞു ഏതുവരെ ജമ മുജകളുമായി ബന്ധപ്പെടാം മുസ്ലിം പൊതുവേദിയിൽ മാത്രം എന്ന് മാത്രം വന്നുകൊണ്ടായിരുന്നു അന്ന് സമസ്തകരുടെ ജമയുത്തലമാ അതിനെ നേരിട്ടത് എന്നാ കാലം മാറി ഇന്ന് ജമാഅത്തപ്പാട് ഇന്ന് കാന്തപുരം വിഭാഗം അപ്പാട് കുടുങ്ങി ഒടുത്തം കാന്തപുരം വിഭാഗത്തിനും ഇനിയും തിരിച്ചു വരാവുന്നതേയുള്ളൂ ആ മുടി അവിടെ വെച്ചിട്ടിങ്ങോട്ട് പോന്നാൽ മതി എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അനിഹന്ദബുൽമീൻ അസളാലുലീകരണ വരമ